ഷിഭ്യോ നമ പരമർഷിഭ്യം ഹരി ഓ അയതിയേ ശാത്തപാവനമചന് വൈഭവം തംനരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കലം മഹം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഹം ഗുരുസക്ഷാ പരം ബ്രംഹ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീം വ്യോമവ്യാപ്തേഹിമൂർത്തമഹ രി ഓ പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ അംബ റമനുസധാ ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധി ഫുൽവിന് തേത്രം ഏന ത്യാ ഭാരതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജേത്രൈകാണി ജാനമുദ്രാ കൃഷ്ണ गीता दुहे देवं देवकी कृष्णं ഗീതമൃതദുഹേന വസുദേവത करोति वाचालं വേദ്ഗുരു लंगयते गिरिं यत्कृपातमहं പങ്കും ലംഘയത്തെ ഗിരി यं വന്ദേ പരമാനന്ദധവ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൺവന്തിവ്യൈ സ്തൈ വേദസ്രമോപനിഷദൈർഗായമഗാ ധ്യനവസ്ഗത മനസാ പശ്യോനോ യം നുസുരാസുരഗണാ ഇതിന് മുൻപ് ഉള്ള അധ്യാത്തിൽ ഭഗവാൻ അവ്യക്തോ അക്ഷരമാഹു പരമാവർത്താമ പരമം മമ പുരുഷസ പര പാർത്ഥ ഭക്യാ യസ്യാന്താനി ഭൂതാനി ഏന സർവമിതം തഥം എന്നും വിശ്വരൂപദർശന അധ്യായത്തിന്റെ ബീജം ഇതിനു മുമ്പ് ഭഗവാൻ എട്ടാമത്തെ അധ്യായത്തില് പാകിയതാണ് എട്ടാമത്തെ അധ്യായത്തിൽ തന്നെ പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് വിശ്വരൂപത്തിനെ പറഞ്ഞു കഴിഞ്ഞു ഈ കാണുന്നത് മുഴുവൻ ഈശ്വരന്റെ അപരാപ്രകൃതി ഇതിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തിനെ പരാ ഈ അപരയിൽ നിന്നും കിട്ടണത് അറിവ് അപരാവിദ്യ പരയെ അറിവ് പരാവിദ്യ അപരയിൽ എന്തുണ്ട് ദേശം കാലം നിമിത്തം ഒക്കെയുണ്ട് അപരയിലെന്ത് കാലമില്ല ദേശമില്ല അമൃതത്വം അതാണ് നാരായണഗുരുസ്വാമി പാടിയത് പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിരം ആണ്ടൊരു അല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും പരയുടെ പാല് ഇന്നലെ ഒരു പാല് കുടിച്ച കഥ പറഞ്ഞു അല്ലേ ഞാനസംബന്ധർ പാല് കുടിച്ചു എന്ത് പാലാ കുടിച്ചതെന്ന് വെച്ചാൽ പരയിട പാല് പരയുടെ പാല് കുടിക്കണം എന്നാണ് നമ്മൾ അവരയില് പാക്കറ്റ് പാലാണ് വാങ്ങി കുടിക്കണത് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ആ പാലിന്റെ വിശേഷം എന്താ സവിശേഷത എന്താന്ന് വെച്ചാൽ പതിനായിരം ആണ്ടൊരല്പനേരം പതിനായിരക്കണക്കിന് വർഷങ്ങൾ സമാധിസ്ഥിതിയിലിരിക്കുമ്പോ സമയം ഇല്ല ഉറക്കത്തിൽ പോലും സമയമില്ല അല്ലെ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും നേരം വിളിച്ചായിരുന്നു ടൈം ഇല്ല യു സ്വാളോ മനസ്സ് നിശ്ചലമായ സമയമില്ല മനസ്സ് ചലിക്കുമ്പോ ടൈം വന്നു ടൈം കൂടുന്തോറും ബോർ മനസ്സ് നിശ്ചലമാവുമ്പോ എന്തൊരു സുഖം വരുന്നു അതാണ് പല പരയുടെ പാല് അവ്യക്തോ അക്ഷരയുക്തയുക്ത ആ അക്ഷരം അവ്യക്തമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അവ്യക്തം എന്ന് വച്ചാൽ ഇന്ദ്രിയവേദ്യം അല്ലാത്തത് ഇന്ദ്രിയവേദ്യമാണ് അപരം ആ പരമോ ഇന്ദ്രിയവേദ്യമല്ല ഏതൊന്നുള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം അറിയുന്നുവോ അതാണിത് അതിനെയാണ് അറിയണ്ടത് അതാണ് ഭഗവാൻ അർജുനൻ പറഞ്ഞു വേദിതവ്യം ത്വം അക്ഷരം പരമം വേദിതവ്യം ഹേ ഭഗവാനേ അങ്ങ് അക്ഷരമായിട്ട് ഉള്ളിലിരിക്കണു അറിയപ്പെടേണ്ട വസ്തു അതാണ് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഇതിനൊരന്തമേ ഇല്ല അല്ലേ ലോകത്തില് അറിഞ്ഞുകൊണ്ടേയിരിക്കാം എവിടെങ്കിലും നിൽക്കുവോ എത്രയൊക്കെ അറിഞ്ഞാലും അവസാനവുമില്ല സമാധാനവും വരാൻ പോണില്ല ഒരു തൃപ്തിയും വരാൻ പോണില്ല ഒരു ശാന്തിയും വരാൻ പോണില്ല സന്തോഷം വരാം നീ പഠിച്ചോണ്ടേരിക്കാം എത്ര പഠിക്കും പഠിച്ചു പഠിച്ച് എവിടെ പോവും പഠിച്ചു പഠിച്ച് പഴയ പഠിച്ചതൊക്കെ മറന്നുപോയി ആ പരാവിദ്യ ആ പരാവിദ്യ കൊണ്ട് അവ്യക്തോ അക്ഷരയിത്യുക്തമാഹു പരമാം ഗതി ഭഗവാൻ പറഞ്ഞു അത് പരമമായ ഗതിയാണ് യം പ്രാപ്യന് നിവർത്തന്തേ അതിനെ പ്രാപിച്ചാൽ പിന്നെ പുറത്തു വരില്ല പ്രാപിക്കാനുള്ള സ്ഥലം എവിടെയാ ഇവിടെ തന്നെ പിന്നെ തിരിച്ചു വരില്ല നമ്മുടെ ഒരു കഥ പറയും ഒരാള് ഒരു ധൈര്യശാലി അയാൾക്കൊരാഗ്രഹമുണ്ടായി എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ പുലിയെ കാണണം ഒരാഗ്രഹം പുലിയുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ നടത്തണമെന്നാഗ്രഹം അപ്പം ഇയാൾ പുലിയെ അന്വേഷിച്ച് അന്വേഷിച്ചു പോയി പല സ്ഥലത്തും പോയി കാട്ടിലും വീട്ടിലും ഒക്കെ അലഞ്ഞ് അവസാനം ആരോ പറഞ്ഞു ഇന്ന കാട്ടിൽ പുലി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇയാൾ കാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു കാട്ടുജാതിക്കാരൊക്കെ പറഞ്ഞു ഇന്ന ഗുഹയിലാണ് ഞങ്ങളൊന്നും ആ വശത്തേക്ക് പോവാറേ ഇല്ല അങ്ങോട്ട് പോകരുത് ഇയാൾ അവർ പറയണതൊന്നും കേട്ടില്ല ഇയാള് പുലിയെ കാണാനായി വളരെ ധൈര്യശാലിയായിട്ട് പോയി നല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ പോയിട്ട് അവസാനം ആ ഗുഹയുടെ ഉള്ളിൽ പോയി പ്രവേശിച്ച് കഥ പോയി അതുവരെയ്ക്കും കഥ അങ്ങനെ തുരുത്തുരു പിന്നെ പുലിയെ കാണുവോന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ പിന്നെ കഥയില്ല കഴിഞ്ഞു അബ്രപ്ഡ് പുലിയെ കാണാൻ പോയ ആളുടെ കഥ അല്ലെ അതുപോലെ ലോകത്തിൽ അലഞ്ഞുകൊണ്ടേയിരിക്കണു നമ്മള് എപ്പോഴെങ്കിലും ഉള്ളിൽ പോയി ഉള്ളിലൊരു ദ്വാരം ഒരു ഗുഹയുണ്ട് ആ ഹൃദയ ഗുഹയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പിന്നെ വന്നില്ല തില്ലൈ വെളിയിനിൽ കലന്തു കൊണ്ടാളവർ തിരുമ്പവും എന്ന് പഴയ ഒരു കാലത്ത് ഒരു പാട്ടുണ്ട് തില്ലൈ വെളിയിനിൽ കലന്തു കൊണ്ടാറവർ തിരുമ്പവും അ ചിതാകാശത്തിൽ പോയി ലയിച്ചു പിന്നെ തിരിച്ചു വന്നില്ല എന്നാണ് കാണാനില്ല എം പ്രാപ്യന അതാണ് ഭാഗവതത്തില് ഗോപസ്ത്രീകൾ പറഞ്ഞത് ഈ കൃഷ്ണന്റെ അടുത്തേക്ക് എവിടേക്കെങ്കിലും ഒന്നും പോയിക്കളയരുത് കേട്ടോന്ന് മഹാബലി എന്ന് പറഞ്ഞ ഒരു പാവൻ ചക്രവർത്തി ഇവനൊരു മൂന്നടി മണ്ണ് കൊണ്ട് കൊടുക്കാൻ പോയി നമ്മളെന്തോ തേങ്ങയും പഴമൊക്കെ കൊടുക്കണോ പോലെ കൊണ്ട് കൊടുത്തതാണ് പിന്നെ ചക്രവർത്തി തിരിച്ചു വന്നില്ല ബലിമപി ബലിമത്യ ദ് അലമസിത സഖ്യമായിട്ടുള്ള സംഘമേ കൂട്ടുകെട്ടേ പാടില്ല ഏ ഭഗവാന് നേദിച്ചാൽ നേദ്യം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ മേശാന്തി പിരിച്ചുവിടുന്നു ചില അമ്പലങ്ങളിൽ നേദ്യം ശങ്ങട് എത്തേണ്ട സ്ഥലത്ത് ഓഫീസിൽ എത്തണം എത്തിയിട്ടില്ലെങ്കിൽ പിരിച്ചുവിടും ഇതിപ്പോ ആ കുഴപ്പമൊന്നുമില്ല എന്താന്ന് വെച്ച നേദ്യ അല്ല മേശാന്തിരിച്ചു വന്നില്ല ഡിസപ്യേർഡ് എം പ്രാപ്യ നവർത്തൻ അവിടെ പോയ ആള് കാണാനില്ല ഈ അഹങ്കാരം ഭഗവാനെ പ്രാപിച്ച് ഭഗവാനിൽ ഇല്ലാതായിട്ട് തീർന്നു ീശ്വരനെ പ്രാപിച്ചു ഈശ്വരൻ എന്ത് ചെയ്തു ആവേഷ്ടത് ചുരുട്ടിക്കൂട്ടിന്നാണ് കെട്ടി കെട്ടിയെടുത്ത ഉള്ളിൽ അലമസിതസഖ്യൈ ഹി അതുപോലെ ഇവിടെ ഭഗവാനെ എം പ്രാപ്യ ന നിവർത്തൻ അവിടെ പോയി കഴിഞ്ഞ പിന്നെ തിരിച്ചു വരവില്ല എവിടേക്ക് തിരിച്ചു വരവില്ല മൃത്യു സംസാര വർത്മനി നമ്മളുടെ എവിടെ കഴിഞ്ഞാൽ എന്താ പോക്ക് വരവാണ് ജനിക്കാ മരിക്കുക ജനിക്കാ മരിക്ക ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പ്രാവശ്യം ജനിച്ചു എത്ര പ്രാവശ്യം മരിച്ചു അതിലേക്ക് തിരിച്ചു വരവില്ല അങ്ങനെ ആ പരമപുരുഷനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ജനന മരണ ചക്രത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ അറിഞ്ഞു കഴിഞ്ഞു പുറത്തു വരും പുറത്തു വന്നാ എന്താ പുരുഷസ്തു പരപാർത്ഥ ആ പരമപുരുഷനെ എല്ലായിടത്തും കാണുകയാണ് ഭക്താലും ആ ഒരു സ്റ്റേജ് ഭാഗവതത്തിന് ഋഷഭചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു മുക്തി ദർഹിചനു ഭക്തിയോഗം എന്ന് ഭഗവാൻ മുക്തിയെ കൊടുക്കും മുക്തി എന്താണെന്ന് വെച്ചാൽ ആത്മജ്ഞാനം അറിഞ്ഞു പക്ഷെ ഭക്തി ഭക്തി എന്താണ് ഈ വിശ്വത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് കണ്ണു തുറന്നുകൊണ്ടും സമാധിയാണ് കണ്ണു തുറന്നുകൊണ്ടും ത്വയർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവ ആകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യ ഭഗവാന്റെ അരുണാചല പഞ്ചരത്നം ലാസ്റ്റ് ശ്ലോകം തൊയ്യർപ്പിത മനസ്സാ മനസ്സ് എവിടെ പോയി ഭഗവാൻ വാഴപ്പഴവും തേങ്ങ ഒന്നും വേണ്ട മനസ്സ് കൊടുത്തു നിന്നു നമ്മളിപ്പോ ഭഗവാന് കൊടുക്കുന്നത് പഴം തേങ്ങ മറ്റുള്ള വാക്കൊക്കെയുള്ള കൊടുക്കുള്ളു ഭഗവാൻ പറയണത് എനിക്കിതൊന്നും വേണ്ടെന്നു പറഞ്ഞാൽ മനസ്സ് തരൂന്നു ശിവാനന്ദലരയിൽ ആചാര്യസ്വാമി പറഞ്ഞു ഭവതു ഭവതർത്ഥം മമ മനഃ മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ട പബിഴമല്ലി പോവും മഞ്ഞറിലിൽ പോവൊന്നുമല്ല മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ട മനസാകുന്ന പുഷ്പം കൊയ്തിട്ട് പരമേശ്വരനെ പൂജിക്കുകയാണ് അർച്ചന എന്താ അർച്ചന ചൈതന്യ കുസുമാരാധ്യ ചൈതന്യകുസുമൈതന്യാർഘ്യ സമാധ്യ സാധാരണ സന്ധ്യാവന്ന് ചെയ്യുമ്പോ അർഘ്യം കൊടുക്കും ഗായത്രി ജപിച്ച് ആദിത്യം ദർപ്പയാമി സോമം ദർപ്പയാമി അങ്കാരകം ദർപ്പ്യാമി ഈ അർഘ്യമൊക്കെ ചൈതന്യാർഘ്യസമാരാദ്യ അർച്ചനയാണ് അച്യുതായനും മഹാനന്തായന മഹാഗോവിന്ദ അങ്ങനത്തെ അർച്ചന ഇല്ലാതാണ് പിന്നെ ചൈതന്യകുസുമ പ്രിയ ചൈതന്യസ്ഫൂർത്തി തന്നെ അർച്ചന നിരന്തര ചൈതന്യസ്ഫൂർത്തിയിൽ ഇരിക്കുന്ന ജ്ഞാനീ അനുനിമിഷം അർച്ചനയും പൂജയും ഒക്കെ ചെയ്യാണ് അത് തന്നെ യാഗം അത് തന്നെ യജ്ഞം അത് തന്നെ പൂജ അത് തന്നെ അഭിഷേകം അത് തന്നെ തീർത്ഥം എല്ലാം അവിടെ കഴിഞ്ഞു ഈ സത്യത്തിനെ അകമേക്ക് അറിഞ്ഞു കഴിഞ്ഞവൻ തീർത്ഥയാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു യാഗമൊക്കെ ചെയ്തു കഴിഞ്ഞു യജ്ഞമൊക്കെ ചെയ്തു കഴിഞ്ഞു അവൻ ഇരിക്കുന്ന സ്ഥലം പവിത്രമായി കഴിഞ്ഞു അവൻ കുളിച്ചാൽ അത് പൊട്ടക്കുളമായാലും ഡ്രെയിനേജായാലും അത് തീർത്ഥമായി അത് ഗംഗയായി തീറും തീർത്തീകുറന്തി തീർത്ഥാനി അപ്പോ പുരുഷസ് പരപ്പാർത്ഥാലഭ്യ കണ്ണു തുറന്നുകൊണ്ട് ത്വ്യ അർപ്പിത മനസ്സാ ത്വാം പശ്യന്ന് കണ്ണു തുറന്ന് എന്താ കാണ ത്വാം ഭഗവാനെയാണ് കാണത് എപ്പോഴാ സതതം എപ്പോഴും ർപ്പിത മനസാ ത്വം പശ്യൻ സർവം തവ ആകൃതിയാ സതം ഭജതേ കുറച്ചു നേരത്തേക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ പൂജയല്ല നിരന്തരം അനന്യപ്രീത്യാ എങ്ങനെയാ പൂജിക്കുന്നത് വെച്ചാൽ ഈ കാണുന്നവർ വേറെയല്ല ഞാൻ വേറെയല്ല എല്ലാവരും ആത്മാവാണെന്നുള്ള ജ്ഞാനം കൊണ്ട് പൂജിക്കുന്നു ആത്മജ്ഞാനം പൂജ സജയതി ഭഗവാന്റെ വാക്കവിടെ തമിഴിൽ ഇത് രണ്ടിലും ട്രാൻസ്ലേഷനിലും അതേ വാക്കുപയോഗിച്ചു സൽഗും അവൻ വെൽബാ വെൽഗും സജയത്തി എന്നുവെച്ചാൽ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സ്പിരിച്വൽ വിക്ടറി പൂർണമായി അർത്ഥം എന്ന് വെച്ചാൽ ഇനി അപകടം ഒന്നുമില്ല അപകടം വരാനില്ല കാരണം ആര് വന്നാലും ഭഗവാനാണ് വരണത് ആര് വന്നാലും ആത്മാവാണ് വരണത് ഈശ്വരനാണ് പല രൂപത്തിൽ വരുന്നത് നല്ല ആളും ചീത്തയാളും ഒക്കെ ആയിട്ട് എല്ലാവരുടെ രൂപത്തിലും ത്വം സ്ത്രീ ത്വം പുമാനസിത്വം കുമാര ഉതമാ കുമാരീ ത്വം ജീർണോ ദേന വഞ്ചസിത്വം भवसि विश्वतो മുഖാ നമ്മൾ നാമരൂപം കൊണ്ട് പറ്റിക്കപ്പെടുമ്പോ ഈ തത്വം അറിഞ്ഞവന് ചലനമില്ല ഒരു രാജാവ് ഉണ്ടായിരുന്നു ആരൊക്കെ വന്നാലും അവരെയൊക്കെ മഹാത്മാക്കള് സാധുക്കളെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് അരമനയിൽ കൊണ്ടുവന്ന് അവർക്ക് പൂജിച്ച് ആരാധിച്ച് ദക്ഷിണ കൊടുത്ത് ശാപ്പാട് കൊടുത്ത് ഒക്കെ ചെയ്യും അപ്പൊ മന്ത്രി ഇത് കണ്ടുകൊണ്ടേ അദ്ദേഹത്തിന് തോന്നി ഒരുപാട് ആളുകൾ ഈ രാജാവിനെ പറ്റിക്കുന്നുണ്ട് സന്യാസി വേഷം കെട്ടിക്കൊണ്ട് വന്നാൽ അദ്ദേഹം ഉടനെ വിളിച്ചുകൊണ്ടുവരും കൊണ്ടുവന്ന് കാല് കഴുകി ഊട്ടിച്ച് ഊണ് കൊടുത്ത് വസ്ത്രം കൊടുത്ത് ഒക്കെ ചെയ്യും അപ്പൊ ഒരുപാട് ആളുകൾ ഈ രാജാവിനെ പറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അദ്ദേഹത്തിനൊന്നും ബോധിപ്പിക്കണം പറഞ്ഞാൽ മനസ്സിലാവണില്ല കാരണം പലവട്ടം പറഞ്ഞു നോക്കി എനിക്കട്ടെ എല്ലാവരുടെ രൂപത്തിലും ഭഗവാനല്ലേ പറഞ്ഞു രാജാവ് അപ്പൊ മന്ത്രി ഒരു ദിവസം എന്ത് ചെയ്തു വെച്ചാൽ ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കി പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് സന്യാസി വേഷം കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു ആരെയാണെന്ന് വെച്ചാൽ തെരുക്കൂത്ത് കളിക്കണ ഒരാള് നല്ലവണ്ണം വേഷം കളിക്കുന്ന ആളെ വിളിച്ചിട്ട് സന്യാസിയുടെ വേഷമൊക്കെ കെട്ടിച്ച് കൊണ്ടുവന്നു അപ്പൊ രാജാവിന്റെ അരമനയിൽ വന്നു രാജാവ് വേണ്ട വിധത്തിൽ ഉപചരിച്ച് കാലുകഴുകി പൂജിച്ച് വേണ്ടതൊക്കെ കൊടുത്ത് നമസ്കരിച്ച് പറഞ്ഞുവെച്ചു അപ്പൊ അടുത്ത ദിവസം മന്ത്രി അതൊക്കെ രാജാവിനേയും കൂട്ടിക്കൊണ്ട് ഈ തെരുക്കൂത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി പോയിട്ട് പറഞ്ഞുതാ നോക്കൂ ആരാ നോക്കൂ കാണുമ്പോഴെങ്കിൽ രാജാവിന് ദേഷ്യം വരും മനസ്സിലാക്കും താൻ പറ്റിക്കപ്പെട്ടു മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി കൂട്ടിക്കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയിട്ട് തെരുക്കൂത്ത് കളിക്കണ നോക്കൂ കണ്ടില്ലേ ഇന്നലെ നമ്മുടെ അരമനയില് വന്ന ആളാണ് കൊട്ടാരത്തിൽ വന്ന ആളാണ് ഇപ്പൊ രാജാവ് പറഞ്ഞു ആഹ ഭഗവാന്റെ ഒരു വൈഭവം ഇന്നലെ സന്യാസിയായിട്ട് വരണു ഇന്ന് തെരുക്കൂത്തുകാരനായിട്ട് നിക്കുന്നു എല്ലാ രൂപവും അവിടുത്തെ രൂപമാണല്ലോ ഇപ്പോ സന്യാസിയായിട്ട് വന്ന ആള് തന്നെയാണ് ഇവിടെ തെരുക്കൂത്തായിട്ട് നിൽക്കുന്നത് അവിടെ സന്യാസിയായിട്ട് വന്നു ഇവിടെ തെരുക്കൂത്ത് കാരണം ആ തെരുക്കൂത്തുകാരനെയോ സന്യാസിയോ അല്ല ആ രാജാവ് പൂജിച്ചത് പരമേശ്വരനെയാണ് സർവഭൂതേഷു എ അല്ലെങ്കിൽ ആളുകളുടെ യോഗ്യതയൊക്കെ നോക്കിട്ട് പൂജിക്കാൻ തുടങ്ങിയ സന്യാസിയും പൂജിക്കാൻ പറ്റില്ല ചിലപ്പോ ശ്രാദ്ധത്തിന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കാല് കഴിച്ച് ഊട്ടിച്ച് ചെയ്യുക എന്നൊരു സമ്പ്രദായ അതിപ്പോ മനുസ്മൃതി എടുത്തു നോക്കിയാൽ ഇന്നത്തെ കാലത്ത് വിളിക്കാൻ ഒരാളെയും കിട്ടില്ല നമുക്ക് കാരണം ആ വരണ ബ്രാഹ്മണന് എന്ത് യോഗ്യത ഉണ്ടാവണം വേദാധ്യയനം ചെയ്തിട്ടുണ്ടാവണം ഇന്നന്നെ ദോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇന്നന്നെ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇന്ന കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഈ യജമാനൻ എന്തൊക്കെ കുഴപ്പം വരും എന്നൊക്കെ പറഞ്ഞാൽ ശ്രാദ്ധ ഊട്ടിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യ ആരാണെങ്കിലും അതേ അവരെ സർവേശ്വരൻ തന്നെ ആ രൂപത്തിൽ വന്നിരിക്കണു എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണനെയോ മറ്റോ ഒന്നുമല്ല നമ്മൾ പൂജിക്കണത് മഹാവിഷ്ണു സ്വരൂപ ഭഗവാൻ ആരാധിക്കും നാമദേവൻ ഏകാന്തമായിട്ടിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യ രണ്ടു ദിവസമായി ആളെ അന്വേഷിച്ചു പിടിച്ചു എവിടെയോ ഒരു കാട്ടിൽ ചെന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് റൊട്ടി കൊണ്ടുപോയിട്ട് പറഞ്ഞു കഴിക്കൂ കഴിക്കൂ നിർബന്ധിച്ചു അവിടെ വെച്ചോളൂ അവിടെ വെച്ചിട്ട് പിന്നെയും അങ്ങനെ പാടിക്കൊണ്ടിരിക്ക അപ്പൊ ഒരു നായ ഈ റൊട്ടി എടുത്തോണ്ട് പോയി അപ്പൊ പുറകെ നെയ്യ് എടുത്തോണ്ട് ഓടിപ്പോയി പോയി നായിനെ പിടിച്ച് ഹേ പാണ്ഡുരങ്ക ഈ തനി വരട്ട് റൊട്ടി തിന്നാലേ നിനക്ക് നാവ് പൊട്ടും എന്ന് പറഞ്ഞ അതില് നെയ്യ് തേച്ച് ആ റൊട്ടി കൊടുത്തു അത്ര ശുനിജൈവ സ്വഭാകേച്ച പണ്ഡിതാഹാ സമദർശ നായാവട്ടെ കഴുതയാവട്ടെ എന്താവട്ടെ എല്ലാത്തിന്റെ ഉള്ളിലും അന്തരിയാമിയായ ഇതാണ് ശരിയായ വിശ്വരൂപ ദർശനം തൂണിലും തുരുമ്പിലും ഭഗവാനെ കാണുക മരത്തിലും ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ഭഗവാനെ കാണും ഇങ്ങനെ ഇതാണ് പുരുഷസപര പാർത്ഥ ഭക്താലയ ഇത് ഭക്തി കൊണ്ട് നേടുന്നതാണ് ഈ വിശ്വരൂപ ദർശനത്തിലും അവസാനം ഭഗവാൻ അർജുനനോട് ഇത് പറയണു ഭക്തി കൊണ്ട് നീ ഇത് നേടണം അർജുന ഇപ്പോ ഒരു ഒരു എളുപ്പത്തില് സാധിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് ഭക്തി കൊണ്ട് ഇത് നേടണം അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചു ഭക്തി കൊണ്ട് നേടിയാൽ ഭഗവാനെ ഏത് ഫോമിൽ കണ്ടാലും ഏത് ഭാവത്തിൽ കണ്ടാലും ഉള്ളിലെ ആനന്ദം ഉണ്ടാവും ഭക്തി ഉണ്ടാവും അത് ഈശ്വര ദർശനം ആയിരിക്കും അപ്പോ ഇതാണ് ഭഗവാൻ എട്ടാമത്തെ അധ്യായത്തിൽ പരാപ്രകൃതി അപരാപ്രകൃതി ഒക്കെ പറഞ്ഞിട്ട് പറയും അപരീമൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ഹേ അർജുന ആ പുരുഷ സ്വരൂപമായിട്ട് എന്നെ സാക്ഷാത്തായിട്ട് അറിയൂ അങ്ങനെ അറിഞ്ഞാൽ നീ സർവത്ര എന്റെ ദർശനം ഉണ്ടാവും പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ ം പ്രോതം സൂത്രേ മണികണായിവ ഞാനല്ലാതെ ഹേ ധനഞ്ജയ ഈ ലോകത്തിലൊന്നുമില്ല ഇതൊക്കെ ഈശ്വരന്റെ വാക്കാണേ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ വിശ്വാസവും ഭക്തി കൃഷ്ണൻ പറഞ്ഞാൽ വരണം കൃഷ്ണനൊക്കെ പറയാം വ്യാസനൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ കുറവാ ശ്രദ്ധയുടെ കുറവാ ഗീത ഭഗവാന്റെ വച്ചനാണെന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യത ഭക്തി നമുക്കത് വരേണ്ടതാണ് വിഷമില്ലാതായി തരേണ്ടതാണ് അപ്പോ മൈ സർവമിതം പ്രോതം ഈ ജഗത്ത് മുഴുവൻ എന്നിലാണ് വ്യാപിച്ചു നിൽക്കുന്നത് അർജുന രാവിലത്തെ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു ശരീരവും പ്രപഞ്ചവും ഒക്കെ എന്നിലിരിക്കണു ഞാൻ ശരീരത്തിൽ ഇരിക്കണു പോലെ തോന്നുന്നു തന്നുൾ തണുവിരുക്ക താന ജടപുടലം തന്നുള്ളിരുപ്പതാത്താണെന്നും അപ്പൊ ഈ വിശ്വം മുഴുവനും ആത്മാവിലാണ് ഇരിക്കണത് ആത്മാവിലാണ് വിശ്വം ഉദിച്ച് നിന്ന് അസ്തമിക്കണത് ആത്മാവിനെ അറിഞ്ഞവൻ സർവവ്യാപിയായ തത്വത്തിനെ സാക്ഷാത്തായിട്ട് ദർശിക്കണു അങ്ങനെ ദർശിച്ചു കഴിയുമ്പോ അവന്റെ അതാണ് ഗീതയുടെ ലക്ഷ്യം സർവോപരമണം സുഖം വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമി പറഞ്ഞു ആത്മാവായിട്ട് എല്ലാവരെയും ദർശിച്ച ആൾക്ക് എന്താ ലാഭം എന്ന് വെച്ചാൽ അയാളുടെ മനസ്സെല്ലാത്തിന്നും വിട്രോമാവും സമാധിസ്ഥിതി ഒരു ക്ഷണനേരത്തേക്കും ഭംഗം കൂടാതെ തുടരും ശാന്തി ഉണ്ടാവും നിശ്ചലതയുണ്ടാവും സർവോപരമണം സുഖം അങ്ങനെയല്ലാതെ മനസ്സ് പ്രവർത്തിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ കാണുന്നു അവിടെ ഈശ്വരന്റെ വിശ്വരൂപത്തിനെ അർജുനൻ കാണുന്ന പോലെ കാണണമെന്ന് കാക്ഷിക്കുമ്പോൾ അർജുനന് കാണിച്ചു കൊടുക്കണ പോലെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നാൽ അർജുനന് നല്ല ധൈര്യമുണ്ട് അതുകൊണ്ട് ഒരുമാതിരി പിടിച്ചു നിന്നു എന്നിട്ട് തന്നെ അർജുനൻ പറഞ്ഞത് ധൃതിം നവിന്ദിഷമം ച വിഷ്ണു ഹേ വിഷ്ണു എനിക്ക് എന്റെ വിൽപ്പവറൊക്കെ പോയി സമാധാനമൊക്കെ പോയി അത്യാവശ്യം ബുദ്ധിയിലും നട്ടൊക്കെ ഇളകി പേടിയാണ് ഭയം തോന്നുന്നു പ്രവ്യഥിതാന്തരാത്മാ എന്നൊക്കെ പറഞ്ഞു േ അതാണ് നിലെ കണ്ടത് നോക്ക ദംഷ്ട്രാകരാളാ ചേ മുഖാ ദൃഷ്ടൈ കളാനലസന്നിഭി ദിശോ നർമ്മ പ്രസീദ ദേശവാസ ഈ ശ്ലോകത്തില് നമുക്ക് വേണ്ടത് പ്രസിദ്ധ ദേവേഷ് ജഗന്നിവാസം ബാക്കിയൊക്കെ അത്യാവശ്യം സംസ്കൃതം അറിയിങ്കില് രാത്രി ഓർക്കും വരില്ല സംസ്കൃതം നിങ്ങൾക്ക് അത്യാവശ്യം അറിയിങ്കിൽ ആ ബാക്കിയുള്ളത് വായിച്ചാൽ രാത്രി പേടിക്കാൻ വേണ്ട വകുപ്പൊക്കെ അതിലുണ്ട് ഭയങ്കരമായ ദംഷ്ട്രകള് ദൃഷ്ടുവൈവ കാലാനല സന്നിപാനി പ്രളയകാലത്തിലുള്ള അഗ്നി പോലെ ഉള്ളിലൊരു ജ്വലിക്ക അല്ലേ പണ്ട് കാലത്ത് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ പേടിപ്പെടുത്തുന്നത് ഇരുട്ടിൽ പോകേണ്ട കൊള്ളിക്കെട്ടപ്പിശ്വാസം ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുണ്ടോ നിങ്ങള് കേട്ടിട്ടുണ്ടോ വായു തുറന്നാ അതിന്റെ വായിൽ തീയുണ്ടാവും അത്രേ ഇതിപ്പോ ഭഗവാൻ വായു തുറന്നാൽ അങ്ങനെ അഗ്നി അഗ്നി ഭഗവാന്റെ മുഖാണല്ലോ കൃഷ്ണൻ അഗ്നിയെ കുടിച്ചു അപ്പൊ ഭട്ടതിരി പറഞ്ഞു രണ്ടു വിധത്തിൽ പീതമായി എന്നാണ് ഒന്ന് മഞ്ഞ കളർ ഉള്ളത് കൊണ്ട് രണ്ട് കുടിക്കപ്പെട്ടതുകൊണ്ട് പീതമായി മുഖം ഇത് ഭഗവാന്റെ മുഖമാണല്ലോ എന്നാണ് ഈ അഗ്നി അപ്പൊ അവിടെ വായിൽ അതുകൊണ്ടാണ് അഗ്നിയിൽ ആഹുതി അർപ്പിക്കുന്നത് എന്താ ഈശ്വരന്റെ മുഖത്തിലേക്ക് പോകണമെങ്കിൽ അഗ്നിയിലാണ് അർപ്പിക്കണം ഏഴ് നാവുകളുള്ള സപ്തജിഹ്വാ എന്ന് പേര് ഭഗവാൻ ഇവിടെ ഏഴ് നാക്കൾ നാവുകളാണ് അവനെ അനേകം നാവാണ് പറയില്ലേ നമ്മള് അല്ലേ ഭഗവാന് ഏഴ് നാവ് സപ്തജിഹ്വാം ഉം അതുപോലെ കാളീ കരാള മനോജവാ ചുലോഹിതായാ ചുധൂമ്രവർണുലി വിശ്വരുചി ചേവി ഏഴുജിഹ്വാ ലേലായ സപ്തജിഹ്വാ അങ്ങനെ ലേലായമാന അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഏഴ് നാവുകളോടുകൂടി അഗ്നി ശരിക്കു ജ്വലിച്ചാൽ ഈ ഏഴ് കളർ കാണണം എന്നാണ് ആ ഏഴ് കളറിന്റെ നടുവിലാണ് ആഹുതി അർപ്പിക്കുക തീപ്പെട്ടി കൊണ്ട് കൊളുത്താൻ അഗ്നിയിലൊന്നും വരില്ല അത് അത് അരണി കടഞ്ഞെടുത്ത് വേണം അത് വേണ്ട വിധത്തില് അഗ്നി ആദാനം ചെയ്താലേ ക്വചന അഗ്നി പോരാ കശന അഗ്നി പോരാ ശരിക്കും ഔതുംബരിചരേത് എന്നു പറയേണ്ട വേദം ഔതുംബരം കൊണ്ടുള്ള അഗ്നി ചില കാര്യത്തിന് ഔതുംബരം കൊണ്ടുള്ള അഗ്നി ചില കാര്യത്തിന് ഇന്ന അഗ്നി ഒക്കെ വേണംന്ന് ഇവിടെ ഭഗവാന്റെ വായിലങ്ങനെ അഗ്നി ജ്വലിക്കാണ് ദിശോനജാനെ അർജുനൻ പറയാ യുദ്ധഭൂമിയിലാണ് നിക്കണത് പക്ഷെ അടുത്തുള്ള ആളുകളൊന്നും കാണാൻ വയ്യ ഒരാളെയും കാണാനില്ല ചുറ്റും അങ്ങനെ അഗ്നി അഗ്നിജ്വാല ശർമ്മ കണ്ടിട്ട് വല്ല സന്തോഷം ഉണ്ടോന്നു സന്തോഷമൊന്നുമില്ല ജഗന്നിവാസ ഹേവദേവ ജഗന്നിവാസ പ്രസീദ പ്രസീദ പ്രസീദ അമീചത്വാം ധൃതരാഷ്ട്ര പുത്രാഹ ഭീഷ്മോ ദ്രോണസൂതപുത്രമദീയൈരഭിയോധ മുഖ്യൈ ഫോർവേഡ് ചിലതൊക്കെ വീഡിയോയിൽ ഫോർവേർഡ് ചെയ്ത് കാണിക്കില്ലേ ഇനി ഫ്യൂച്ചറിൽ എന്താ പറയണന്ന് വെച്ചാൽ ഫോർവേർഡ് ചെയ്താൽ കാണലേ അതുപോലെ വരാൻ പോകുന്നത് ഭഗവാൻ അർജുനന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാണ് കഴിഞ്ഞു പോയത് വരാൻ പോകുന്നത് ഒക്കെ ആ ചൈതന്യത്തിന് ഒരേ സമയത്ത് പ്രകാശിക്കുക അല്ലെ ഇപ്പൊ ഭാഗവതത്തില് വരാൻ പോണ കാര്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റിസർച്ച് സ്കോളേഴ്സ് പറയണത് ഭാഗവതം ലേറ്റർ വർക്കാണ് കാരണം ബുദ്ധനെ പറയുന്നു വേറെ എന്തൊക്കെയോ പറയണോ എന്നൊക്കെ പറഞ്ഞ് റിസർച്ച് ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ കാശ്മീര് മ്ളേച്ചന്മാര് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണല്ലോ സംഭവിച്ചത് കാശ്മീർ മുഴുവൻ മ്ളേച്ചന്മാരും അറിയും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കണു അപ്പോ ഭാഗവതം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആരോ എഴുതിയതാണെന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ആരോ എഴുതിയതാണ് അല്ലേ അപ്പൊ ഫ്യൂച്ചർ പാസ്റ്റ് അതിന്റെ ഒരേ മണ്ഡലത്തിൽ പ്രകാശിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ അർജുനന്റെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു കൊടുക്ക വായു തുറന്ന അഗ്നി ഇപ്പൊ അതിനകത്തേക്ക് ഈയാമ്പാറ്റകള് തീയിലു പോണ പോലെ ഒരു ഗ്രൂപ്പ് പോണ്ട് ആരാ പോണത് എന്ന് വെച്ചാൽ അതൊക്കെ പോണത് കാണിക്കാണ് അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹാ നൂ നൂറെണ്ണ ഉണ്ടല്ലോ ക്യൂ നിക്കണം വരിയായിട്ട് നൂറെണ്ണം വരി വരിയായിട്ട് ക്യൂ നിന്നിട്ട് ഭഗവാനാണ് വിഴുങ്ങുന്നത് ഫാക്ച്വൽ സ്റ്റോറി ഭീമനാണ് പേര് കിട്ടാൻ പോണത് അല്ലേ പക്ഷേ ഭഗവാൻ വിഴുങ്ങുന്നത് ഭീമനെ ഒരു കാരണ പേര് അർജുനന്റെ അടുത്തും ഭഗവാൻ പറഞ്ഞു ഞാൻ ആ മുമ്പേ കൊന്നു കഴിഞ്ഞു നീ വേണമെങ്കിൽ പേര് വാങ്ങിച്ചോളൂ നീ പേര് വാങ്ങിച്ചോളൂ ഞാൻ ഇവരുടെ കാര്യമൊക്കെ മുമ്പേ കഴിഞ്ഞു ൊക്കെ തീർത്തു കഴിഞ്ഞു ഇനിയിപ്പൊ നിനക്ക് പേര് കിട്ടിക്കോട്ടെ ഭാരതത്തിൽ തന്നെ അങ്ങനെ കഥ ഉണ്ട് അർജുനൻ ഇടയ്ക്ക് വെച്ച് വ്യാസന്റെ അടുത്ത് ചോദിക്കണുണ്ട് യുദ്ധത്തിന് നടുക്കായിട്ട് ഞാൻ ദിവസം കയ്യിൽ അമ്പും വിലക്കും ആയിട്ട് ഇങ്ങനെ ഇരിക്കണു ആളുകൾ പറയണു ഞാൻ ഒരമ്പെടുത്താൽ അത് പത്താവണു നൂറാവണു ആയിരം ആവണു എന്നൊക്കെ പറയണു വാസ്തവത്തെ ഞാൻ കാര്യമായിട്ട് ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ ഒന്ന് ലക്ഷ്യത്തിൽ പോലും വീഴുണ്ടോ സംശയാണ് പക്ഷെ ആരോ ഒരു അഗ്നി വർണ്ണത്തിൽ ഒരു പുരുഷൻ എൻ്റെ മുമ്പില് ധനുധാരിയായിട്ട് നടക്കണതും എല്ലാരെയും സംഹാരം ചെയ്യണതും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു അയാള് ചെയ്യണതൊക്കെ എന്റെ പേരിൽ വരികയാണെന്നുള്ളു അപ്പൊ വ്യാസൻ പറഞ്ഞു സംഹാരമൂർത്തിയായ ഭഗവാനാണ് ഇതൊക്കെ ചെയ്യണത് അർജുന നീ ഒരു ഒരു യന്ത്രം മാത്രാണ് പക്ഷെ നിനക്കാണ് പേര് നീ ചെയ്തു എന്നാണ് വരിക ജനം ജനേന ജനയൻ മാറയൻ മൃത്യുനാന്തകം ഭാഗവതം തന്നെ പറയണ്ട് ആളുകൾ ജനിക്കുന്നതിനും ആളുകൾ മരിക്കുന്നതിനും ഈശ്വരനല്ലാതെ ഒരു കാസുമില്ല പക്ഷെ നമ്മൾ പറയും ആളുകൾ ജനിച്ചത് ഇന്ന അച്ഛനും അമ്മയ്ക്കും ആണ് ജനിച്ചത് ഇന്ന അവർ കൊ അവർക്കാണ് പറയും ഇന്ന ആള് കുത്തിക്കൊന്നു എന്നൊക്കെ പറയും പക്ഷെ വെറു ഒരു കാരണം മാത്രമാണ് സ്ത്രീയും പുരുഷനും മനുഷ്യരും കുത്തും കൊലയും ജനം ജനയന ജനയെന്ന് ഒരു ജീവൻ വരാൻ ഉണ്ടെങ്കിൽ ചില ആളുകളെ യന്ത്രമാക്കി വഴിയാക്കി തീർക്കണു മാരയെന്ന് ചില ജനങ്ങളെ കൊല്ലാൻ ആളുകളാക്കി തീർക്കണു ഇവർക്ക് ഈ പേരും അവർക്ക് ഈ പേരും ഒക്കെ കിട്ടും ഹിറ്റ്ലർ അയാൾക്ക് കുറച്ച് കാലത്തേക്ക് അയാള് എല്ലാരെയും കൊന്നു നമ്മൾ പറയണല്ലേ ഒരാള് വിചാരിച്ച സാധിക്കോ പറയൂ രാത്രി മുഴുവൻ ഓടിച്ചിട്ട് ഒരു കൊതുകിനെ പിടിക്കാൻ നമുക്ക് പറ്റണില്ല ഇയാള് ഇത്രയും പേരെ കൊന്നു പറയണു അയാള് വെറുതെ ആണോ ീശ്വരം നിയോഗിച്ചിരിക്കാണ് അയാള് ലോകത്തിന്റെ ദൃഷ്ടിയിൽ എത്ര വലിയ വില്ലനായാലും ശരി ഈശ്വര നിയോഗമില്ലാതെ ഇങ്ങനെ ഒരു കർമ്മം നടക്കുവോ സംഹാരം ചെയ്യാൻ ഒരു വഴി അത് സുനാമി ചെയ്താൽ നമ്മളാരും കുറ്റം പറയില്ല ഹിറ്റ്ലർ ചെയ്താ പറയും അത്രേ ഉള്ളൂ സുനാമി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ വലിയ ഭൂമി കുലുക്കം കുറ്റം പറയാൻ പറ്റില്ല ഒരു വ്യക്തി ചെയ്യുമ്പോ നമ്മൾ പറയും കാരണം എന്താ ആ വ്യക്തിയില് മോട്ടീവ് ഉണ്ട് ഈഗോ ഉണ്ട് എന്നൊക്കെ നമ്മള് ആരോപണം ചെയ്യുന്നു പക്ഷെ എന്തൊക്കെ ഈഗോ മോട്ടീവ് ഉണ്ടെങ്കി നടക്കുമോ സംഹാരത്തിന് ഒരു കാരണമാണ് പല ആളുകളും ദുര്യോധനം തന്നെ പറയുന്നുണ്ട് ഭാരതത്തില് നനക്കീ പറഞ്ഞ മനസ്സിലാവണല്ലേടാ ചക്കാൻ ചോദിക്ക വിധുരൻ ദുര്യോധനം പറയാണ് ധർമ്മമൊക്കെ ഇളയച്ചാൽ എനിക്ക് നല്ലവണ്ണം അറിയാം നിങ്ങക്ക് വേണോ ഞാൻ എത്ര പുസ്തകം എഴുതി തരണം തരാം പക്ഷേ എന്നെ പറ്റില്ല ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി അധർമ്മവും എനിക്കറിയാം ജാനാമി അധർമ്മം നചമേ നിവൃത്തി എന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്താ ഇങ്ങനെ ചെയ്യണത് കേനാപി ദേവേന ഹൃദയസ്ഥിതേനെ യഥാ നിയുക്തോസ്മി തഥാ കറോമി ദേവൻ എന്റെ ഉള്ളിലിരുന്ന് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറയണു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാം നമഹ കള്ളന്മാരുടെ ലീഡറായിട്ടും ഈശ്വരൻ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കാരണമായിട്ട് നല്ല ആളും ചീത്ത ആളുകളിലൊക്കെ ആയിട്ടിരിക്കുന്നു അവർക്കൊക്കെ മരണം അമീചത്വാം ധൃതരാഷ്ട്ര പുത്രാഹ ദ ഈ നിക്കണ ഈ നൂറ്റിക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ ഇവരൊക്കെ അവര് മാത്രല്ല സഹ അസ്മീയ ഞങ്ങളുടെ ആളുകളിലും അസ്മദീയന്മാരും കുറെ പേരുണ്ട് ഈ കൂട്ടത്തില് ആ ക്യൂല് തിക്കും തിരക്കും കൂടെ നോക്കുമ്പോ ഇടക്കൂടെ അവർ മാത്രമല്ല നമ്മുടെ ആളുകളും പെടണു എന്നാണ് യൂണിഫോം നമ്മുടെ ആളുകളുടെ യൂണിഫോമും കാണുന്നുണ്ട് അവരുടെ യൂണിഫോമും കാണണ്ട എല്ലാം കൂടെ തുരുതുരേ പോയിക്കൊണ്ടിരിക്കുകയാണ് യോധമുഖ്യീഷ്മോ ദ്രോണ ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് അർജുനൻ എപ്പോഴും കർണനെ കർണൻ വിളിക്കില്ല ആ സൂതപുത്രൻ ഈ വിശ്വരൂപദർശനത്തിന് പോലും സ്വഭാവം നന്നാവണില്ല സൂതപുത്ര അസൂതപുത്രനുണ്ടല്ലോ അയാളും അസൂതപുത്ര സഹ അസ്മദീയൈ അവനിപാല സംഘൈഹി അനേകം രാജാക്കന്മാരിവിടെ പരശുരാമാവതാരത്തിൽ വന്ന് ക്ഷത്രിയന്മാര് പറഞ്ഞാ കേൾക്കണില്ല എന്ന് പറഞ്ഞ് കൊറേ കൊന്നു ഭഗവാൻ പരശുരാമനായിട്ട് വന്നിട്ട് ക്ഷത്രിയന്മാര് സ്വഭാവം നശിച്ചു പോയപ്പോ പരശുരാമനായിട്ട് കയ്യില് ഒരു മഴുവും കൊണ്ടു അതൊരു ഈശ്വര അവതാരം അല്ലേ ഒരു മഴ ഇത്രയും പേര് ആളുകൾ കയ്യിൽ ഓരോരോ വലിയ വലിയ ആയുധവും വെച്ചോണ്ടിരിക്കുമ്പോൾ പരശുരാമനായിട്ട് ഭഗവാൻ വന്നിട്ട് എന്തു ചെയ്തു ഒരു മഴകൊണ്ട് തലങ്ങും വലങ്ങും പോയി ഒരുപാട് പേരെ വധനം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ഭൂമിയൊക്കെ അങ്ങോട്ട് ദാനം കൊടുത്തു പിന്നെ തനിക്ക് ഇരിക്കണം എന്ന് വന്നിട്ട് ഒരു ഏർ കൊടുത്തു കേരളം ഉണ്ടാക്കി പണ്ട് ഒരു കാർട്ടൂൺ എവിടെയോ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് കടൽക്കരയിൽ ആരോ കടലിൽ മുങ്ങി പൊങ്ങി നിൽക്കണമെന്ന് കണ്ടു അത്ര ധരിച്ച് ആരാന്ന് ചോദിച്ചപ്പോ ഞാൻ പരശുരാമനാണ് എന്താ മുങ്ങണ അത് പഴയ മഴ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാം തിരിച്ച് അങ്ങടെ അറിയാൻ തിരിച്ചങ്ങടക്കറിയാനാണെന്നാണ് ഒരുപാട് ം ചെയ്ത്തു അംശാവതാരം എന്നാണ് പറയുന്നത് നമ്മള് ആവേശാവതാരം അപ്പോഴൊന്നും എന്നിട്ടും പൂർണമായിട്ടും വെടുപ്പായില്ല രാമാവതാരം കഴിഞ്ഞു കൃഷ്ണാവതാരത്തിൽ വന്നു രാമാവതാരത്തിലൊക്കെ ക്ഷത്രിയന്മാര് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഉം ഒക്കെ അതെങ്ങനെയാന്ന് വെച്ചാൽ പരശുരാമന്റെ അടുത്ത് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ വിട്ടിട്ട് പോകുന്നതാണ് അതുകൊണ്ട് ചില ആളുകൾ കണ്ട പരിപാടി തന്നെ പരശുരാമം വരണമെന്ന് പറഞ്ഞാൽ അപ്പ പോയി കല്യാണം കഴിച്ചിട്ട് വരും ആരോ പറഞ്ഞു ദശരഥൻ പോലും അങ്ങനെ അത്ര ഒരുപാട് കല്യാണം കഴിച്ചത് എന്നാന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല അത് കഴിഞ്ഞ് പിന്നെയാണ് അടുത്ത് കൃഷ്ണാവതാരത്തില് ആള് വളരെ നല്ല ആളായിട്ടാണ് വരുന്നത് പക്ഷേ ഉദ്ദേശം അത് തന്നെയാണെന്നാണ് ഭഗവാൻ ഇത് മുഴുവനും അവസാനിപ്പിക്കണം അവനിപാല സംഘൈഹി രാജാക്കന്മാരാത്രേ നാട് ഭരിക്കാൻ പറ എല്ലാത്തിനെയും അങ്ങോട്ട് കൂട്ടത്തോടെ ചേർത്തി ഒറ്റ സ്ഥലത്ത് വെച്ച് തൃശ്ശൂർ പൂരം പോലെ വെട്ടി സർവൈവ സഹ അവനിപാല സംഘി നോക്കൂ ആ ക്ഷത്രിയം ക്ഷത്രം എന്ന് പറയുന്നത് നശി പോകുമ്പോൾ ഉള്ള കുഴപ്പാണേ ഇപ്പോ സെക്കൻഡ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ തന്നെയാണ് നടന്നത് എല്ലാം കൂട്ടത്തോടെ സർവൈഹ എന്നിട്ട് ഈ യുദ്ധം ചെയ്ത ആളുകൾ ആരെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് ജീവിച്ചോ ഹിറ്റ്ലർ മുസോളിനി ആരെയൊക്കെ പറഞ്ഞു എല്ലാം ദുർമരണം